ഇസ്രായേൽ സന്തതികളോട് ചോദിക്കുക എത്ര വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് എന്ന് തനിക്ക് ലഭിച്ചതിനു ശേഷം അള്ളാഹു സുഹാനഹുവല നൽകിയ അനുഗ്രഹത്തെ ആരെങ്കിലും മാറ്റിയാൽ തീർച്ചയായും അള്ളാഹു സുബഹാനഹുവല കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു